വൈദ്യത്തെ സതി അപരോഷോഹാരോഗ്യത്വം എന്ന് പറഞ്ഞാലും അതിവ്യാപ്തി ഉണ്ടാവുന്നു എവിടെയാണ് എവിടെ സുഖദുഃഖാദി എവിടെയാണ് അതിവ്യാപ്തി ഉണ്ടാവുമെന്ന് പറഞ്ഞു അജ്ഞാനം അന്ധക്കരണം അന്ധക്കരണം ധർമ്മിഷ ഷ് അതിവ്യാപ്തി ഉണ്ടാവുന്നു അപ്പൊ അത് പറഞ്ഞു അവിടെ പോകുന്നില്ല എന്തുകൊണ്ട് എന്തുകൊണ്ട് അതിവ്യാപ്തി ഉണ്ടാവുന്നില്ല അവിടെ അതില് അവേദ്യത്വം പറയാം എങ്ങനെ ഫലവ്യാപ്തി ഫലവ്യാപ്തി ഇല്ലാത്തത് പക്ഷെ അപരോക്ഷ വ്യവഹാരോഗ്യത്വം പറയാൻ പറ്റത്തില്ല എന്തുകൊണ്ട് സാക്ഷിയിലെ അത് സാക്ഷിയിൽ അധ്യസ്ഥമാണ് യോഗ്യതയില്ലാത്തടത്തും അപരോക്ഷ ശുക്തി രജത അതുകൊണ്ട് അവിടെ എന്തായാലും അപരോക്ഷം യോഗ്യതയില്ല അതിവ്യാപ്തി ഉണ്ടാവാജ്ഞാനം അന്തക്കല്ലം തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം സാക്ഷിയിൽ അധ്യസ്തമായതുകൊണ്ടാണെന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ ഘടാധികളും അധ്യസ്ഥമാണ് ബ്രഹ്മത്തിൽ അവിടെയും അപരോക്ഷാരോഗ്യത്വം വരത്തില്ല അപ്പൊ ഘടാധികളുടെ അതിവ്യാപ്തി ഉണ്ടാകത്തില്ല അപ്പൊ ലക്ഷണം എന്ത് മതി വൈദ്യത്വം മതി പറഞ്ഞു സമാനം പറഞ്ഞു എന്താണോ വ്യവഹാര ദശ അപ്രോഷകാര യോഗ്യ സ്വീകരിക്കുന്നു കാരണം അവിടെ ഇന്ദ്രിയ സന്നിരഷുണ്ടാവുന്നു ഫലവ്യാപ്തി ഉണ്ടാവുന്നു അതൊക്കെ അംഗീകരിക്കുന്നു അപ്പൊ അവേദ്യത്വം മാത്രം പറഞ്ഞാ പോരാഷാരത്വം ഒന്നും എന്തിനു പറഞ്ഞു കടാതിൽ എങ്ങനെ ഉണ്ടാവും അതിവ്യാപ്തി അപരോക്ഷഹാരോഗ്യത്വം എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ഘടാതികളിൽ പോവും അതിവ്യാപ്തി അത് പരിഹരിക്കുന്നതിന് അവേദ്യത്വം അപ്പോ അപരോക്ഷഹാരോഗ്യത്വം മാത്രം ഒരു അവേദ്യത്വം വേണം ഇനി അവേദ്യത്വം എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ഔരോക്ഷരോഗ്യത്വം പറയാതെ ധർമാദികളില എന്തുകൊണ്ട് ഫലവ്യാപ്തില്ലാത്തതുകൊണ്ട് അതിവേദ്യമാണെങ്കിലും ഫലവ്യാപ്തി ഇല്ലാത്തതുകൊണ്ട് അവേദ്യമാണ് ശ്രുതി പ്രമാണഗമ്യമാണെങ്കിലും അപ്പം അവൈദ്യത്തിൽ ഓരോക്ഷരോഗ്യത് ഇത്രയും ഉണ്ടായാലേ പറ്റും എന്ന് പറഞ്ഞ് ഇതുവരെയുള്ള ദോഷങ്ങളെല്ലാം പരിഹരിച്ചു തേദ്യത്തെ സ്ഥിതി അപ്രോക്ഷമേ ലക്ഷണമസ്തു വ്യചാര അഭാവാ ചേത് സത്യം അപ്രോക്ഷാനവിഷയത്തേ ഘടാതിരവരുോക്ഷംഗീകാരാ അത്ര വ്യാഘാത വിഭ്രമോ മാ ഭൂതിരി തദ്വഹാരേണ പ്രതിപാദ േന തീയതേ ഇതില്ല കസ്റ്റിദ് ദോഷം അങ്ങനെയാണെങ്കിൽ അവേദ്യത്വസതി അപരോക്ഷത്വം ഇത്രയും മതിയുള്ള ലക്ഷണം അവേദ്യത്വസതി അപരോക്ഷത്വം നോക്കുക അവേദ്യത്വം എന്ന് പറഞ്ഞുകൊണ്ട് കടത്തിപ്പോകുന്നില്ല അപരോക്ഷത്വം എന്ന് പറഞ്ഞുകൊണ്ട് ധർമാദികളിലും പോകുന്നില്ല അവരി അപരോക്ഷത്വം ഇവിടെ ജ്ഞാനത്തിലുണ്ട് ലക്ഷ്മി കാരണം ഇവിടെ സ്വയംപ്രകാശം എന്ന് പറയുന്നത് എന്തിനാണ് ജ്ഞാനം തന്നെ അദ്വൈതയെ സംബന്ധിച്ച് ജ്ഞാനം തന്നെയാണ് എന്ത് അത് ജ്ഞാനം ജ്ഞാനമായതുകൊണ്ടാണ് അതിന് സ്വയം പ്രകാശം എന്ന് പറയുന്നത് ചിതാത്മ മറ്റെന്തെങ്കിലും ആണെങ്കിൽ സ്വയം പ്രകാശം എന്ന് പറയാൻ പറ്റും അപ്പോ ചിതാത്മയെ ചിതാത്മാവിനെ ജ്ഞാനമായി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ചർച്ചകളല്ല അപ്പൊ ജ്ഞാനത്തിൽ നോക്കുമ്പോ അതെന്താണ് അവിടെ ഫലവ്യാപ്തി ഉണ്ടോ വേദ്യത്വം ഉണ്ടോ അവിടെ അപരോക്ഷമാണോ അത് അപരോക്ഷത്വം ഉണ്ട് അപരോക്ഷ വ്യവഹാര യോഗ്യത്വം എന്തിനാണ് പൂർവോക്ഷ ചോദിക്കുന്നു ലക്ഷണം ഇത്രയും ചുരുങ്ങിയിരിക്കുന്ന നല്ലത് അവസീം അവേദ്യത്വ വിശിഷ്ട അപരോക്ഷത്വം നല്ലത് സിസ്ത്യരഹിതാദികൾ അപരോക്ഷത്വമില്ല നേരത്തെ പറഞ്ഞല്ലോ വിടെ പോകുന്നില്ല ശക്തിരഹിതാദി അജ്ഞാനിഷതു ശുതിരഹിതാഷു ഒരിടത്തും എന്താണ് അപരോക്ഷത്വം ഇല്ല ഒരിടത്തും തന്നെ ഫലവ്യാപ്തില്ല വേദ്യത്തെ സതി അപരോക്ഷത്വം എവിടെയുള്ളു ഏ സ്വപ്നത്തിന്റെ രീതി വരെ വന്നില്ലല്ലോ വന്നോ ഇനി വന്നാൽ അവിടെ എന്താണ് അവരോഷത്വില്ല ശുക്തിരഹിതം പോലെ തന്നെ എന്തുകൊണ്ട് അത് അധ്യാസസിദ്ധമായതൊന്നിനും അവരോക്ഷത്വം ഇല്ല സാക്ഷിയിൽ അധ്യസ്ഥമായ ഒന്നിനും അവരോക്ഷത്വന ഏഹ് അത് പറയണം ധർമ്മത്തിന് നേരത്തെ എന്ത് സമാനം പറഞ്ഞു സ്വരൂപമായി എടുക്കുക ഏഹ് സ്വരൂപമായിട്ട് എടുക്കുക അവൻ പറയുന്നു ശരിയാകത്തില്ല ദോഷം എന്താണെന്ന് പറയുന്ന സിദ്ധാന്തിയാണ് തഥാപി അവേദ്യത്വസരി അപരോക്ഷത്വമേവ ലക്ഷണം അസ്തു ആര് പറയുന്നു തഥാപി എന്ന് പറഞ്ഞ് തുടങ്ങുന്നത് യദ്യപി തഥാപി പൂർവോക്ഷണംവിചാരഭാവം അത് വ്യഭിചാരമൊന്നുമില്ല ബ്രഹ്മത്തിൽ ലക്ഷണം അല്ലെങ്കിൽ ജ്ഞാനത്തിൽ ലക്ഷണം സമന്വയിക്കുന്നുണ്ട് പറയുന്നു സത്യം പറയുന്നത് ശരിയാണ് ബ്രഹ്മത്തിൽ ലക്ഷണം സമന്വയിക്കും ആദ്യത്വം ശരി പരോക്ഷത്വം ബ്രഹ്മസ്വയം അപരോക്ഷമാണ് അവിടെ ഫലവ്യാപ്തിയില്ല ക്ഷണം യോജിച്ച് പക്ഷേ അപരോക്ഷജ്ഞാന വിഷയത്വനോ ഘടാതേരപരോക്ഷത്വ അംഗീകാര പക്ഷേ ഈ അപരോക്ഷം എന്ന് പറയുന്നതിന് അപരോക്ഷജ്ഞാന വിഷയത്വം എന്നൊരർത്ഥം മനസ്സിലായോ എന്തുകൊണ്ട് അപരോക്ഷോയം ഘട എന്ന് പറയുന്നു അപരോക്ഷോയം ഘട എന്ന് പറയുന്നിടത്ത് എന്താണോ അതിന്റെ അർത്ഥം അപരോക്ഷ ജ്ഞാനത്തിന് വിഷയമാണെന്നാണ് ആണല്ലോ അപ്പൊ അങ്ങനെ ഒരർത്ഥം വരുന്നത് കൊണ്ട് അവേദ്യ സതി അപരോക്ഷത്വം എന്ന് പറയുന്നിടത്ത് അവ്യാപ്തി അതിവ്യാപ്തി മറ്റൊരു ദോഷം അതടുത്ത് പറയുന്നു അപരോക്ഷജ്ഞാന വിഷയത്വനേവ ഘടാതേരപരോക്ഷത്വ അംഗീകാര അത്രാപിതഥത്വ അങ്ങനെ വരുമ്പോൾ എന്ത് വരുന്നു അവരോക്ഷത്വം വെച്ചാൽ അവരോക്ഷജ്ഞാന വിഷയം അവേദ്യത്വം എന്ന് പറഞ്ഞാൽ വേദ്യത്വഭാവം അപ്പൊ ഇത് ബ്രഹ്മത്തിലും വരും ഈ അർത്ഥമെടുക്കുകയാണെങ്കിൽ ബ്രഹ്മബന്ധം അവേദ്യമായി എന്ന് വെച്ചാൽ എന്നാൽ അവരോഷ്ഞാന വിഷയത്വം വന്നു കഴിഞ്ഞാൽ വ്യാഘാത ദോഷം പരസ്പരവിരുദ്ധമായ കാര്യമാണ് അവേദ്യം എന്ന് പറയുമ്പോൾ വേദ്യമല്ല അവരോഷം എന്ന് പറയുമ്പോൾ വേദ്യം വ്യാഘാത ദോഷം ഇവര് നേരത്തെ പറഞ്ഞാണ് നേരത്തെ പറഞ്ഞാണ് പറഞ്ഞിട്ടാണ് യോഗ്യത പറഞ്ഞുകൊണ്ടാണ് യോഗ്യത മുമ്പോട്ട് പോയത് അപ്പൊ യാഘാത വർഷം വരും അങ്ങനെ തന്നെ പറയുകയാണ് അപരോക്ഷ വിഷയത്തിനേമഘട അപരോക്ഷത്വം അംഗീകാരാ അത്രാപി എന്ന് പറഞ്ഞാൽ ചിതാത്മാവിനും തഥാത്വാ തഥാത്വ എന്ന് പറഞ്ഞാൽ അപരോക്ഷ വിഷയത്വ വ്യാഘാത നേരത്തെ പറഞ്ഞു മേ മാതന്ധ്യവ എന്ന് പറഞ്ഞു ഇതി വിഭ്രമോമാഭൂത് അങ്ങനെ ഒരു ഭ്രമം വരാം അപ്തി അതിവ്യാപ്തി ഈ ലക്ഷണത്തെക്കുറിച്ച് കേൾക്കുന്നയാളിനങ്ങനെ ഒരു ഭ്രമം വരാം ഇവിടെയും വ്യാഘാതം വരാമല്ലോ അത് വിഭ്രമം എന്ന് എന്തുകൊണ്ട് പറഞ്ഞു അപരോക്ഷം എന്ന് പറഞ്ഞാൽ അപരോക്ഷ വ്യവഹാരയോഗ്യത്വം എന്ന അർത്ഥം അത് ധരിക്കാതെ അപരോക്ഷത്വം അപരോക്ഷമൊന്നും പറഞ്ഞാൽ പോലും അപരോക്ഷഹാര യോഗ്യത്വമെന്നേ ധരിക്കാവും അത് ധരിക്കാത്ത ഒരാള് അപരോഷം എന്ന് കേട്ടു കഴിഞ്ഞാൽ അപരോഷം ഞാൻ വിഷയത്ത് വന്ന് ഒരാൾക്ക് തോന്നാം കേവലം അവരോഷ ശബ്ദം വന്നു അപ്പോ അയാൾക്ക് അയാൾ പറയുകയുള്ളൂ അഘാത ദോഷം ഉണ്ടെന്നൊരു ഭ്രാന്തി വരാം പക്ഷെ അവരോഷം എന്ന് പറഞ്ഞാലും മതി അത് പറഞ്ഞ അങ്ങനെ ഭ്രമിക്കേണ്ട കാര്യമില്ല എന്തുകൊണ്ട് അവരോഷം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം അതങ്ങ് തുറന്നു പറയുന്നാലേ നല്ലത് വെറുതെതിനാൾക്കാർക്ക് വിഭ്രമുണ്ടാക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ അത്രയും പറഞ്ഞാണു അതുകൊണ്ട് യോഗ്യത്വം വരെ പറയണം അപ്രോക്ഷ യോഗ്യതാണ് അപ്രോക്ഷ വിഷയത്തേനേ ഘടാതയിലവോക്ഷത്വംഗീകാരം അത്ര വ്യാഘാത വിഭ്രമോ മാഭൂതിരി ഈ വ്യവഹാരം വരെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിവാദിക്കും സമ്പ്രതിപന്നാണ് എന്നുവെച്ചാൽ സമ്മതമാണ് തഫുടീകരിയെ അപരോക്ഷ അത് സ്ഫുടീക്രിയതേ അതേവാന്ന് പറഞ്ഞാൽ അപരോക്ഷ വ്യവഹാരയോഗ്യത്വം സ്ഫുടമാക്കുന്നു പറഞ്ഞാൽ അപരോക്ഷത്വം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു അർത്ഥത്തെ വിവക്ഷിക്കുന്നതിലും അങ്ങനെ ഒരു അർത്ഥത്തെ ശബ്ദം കൊണ്ട് തന്നെ പറയുന്നു െന്ന് പറഞ്ഞാൽ ശബ്ദത്തിലൂടെ പറഞ്ഞു വ്യക്തമാക്കുന്നു അല്ലെങ്കിൽ അപരോക്ഷത്വം എന്ന് പറഞ്ഞോ അത പറയുന്നത് തദ്വ്യവഹാരേണ പ്രതിപാദിനാമൊക്കെ സമ്പ്രതി പറഞ്ഞു താർക്കികന സമ്മതമായ എന്താണ് തദ്വ്യവഹാരം അപരോക്ഷ വ്യവഹാരം ഇപ്പൊ അപരോക്ഷ യോഗ്യത്വം അവിടെ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് ം അടുത്ത കാര്യം ഇവിടെ ലക്ഷണത്തില് പറയുമ്പോ അവഹാര യോഗ്യത്വം എന്ന് പറയുന്ന വ്യവഹാര ശബ്ദം കൊണ്ട് ശബ്ദപ്രയോഗത്തെ എടുക്കുന്നുള്ളു വ്യവഹാരം എന്ന് പറഞ്ഞാൽ ഇവിടെ ശബ്ദപ്രയോഗമാണ് എന്തുകൊണ്ട് അതിനെടുക്കുന്നു എന്തുകൊണ്ട് അതിനെടുക്കുന്നു വ്യവഹാരമെന്ന് പറഞ്ഞാൽ ശബ്ദപ്രയോഗത്തെ എന്തുകൊണ്ട് എടുക്കുന്നു അവേദ്യത്വം എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് അവേദ്യ എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ മനസ്സിലാക്കാം ഇവിടെ ജ്ഞാനത്തെ കുറിച്ചല്ല പറയുന്നു അപരോക്ഷം കാരണം അവേദ്യം എന്ന് പറയുമ്പോൾ തന്നെ വ്യക്തമാണല്ലോ അവിടെ ജ്ഞാന വിഷയത്വം അല്ല പിന്നെ ഒരു ജ്ഞാന വിഷയത്വവും പറയാൻ സാധ്യതയില്ല പിന്നെ പറയുന്ന എന്തായിരിക്കും ശബ്ദപ്രയോഗത്തെ അവേദ്യത്വ വിശിഷ്ട അപരോക്ഷ ഉപകാരം എന്ന് പറഞ്ഞാൽ ശബ്ദപ്രയോഗം തദ്ഗ്യത്വം അതോ ജ്ഞാനത്തെ സംബന്ധിച്ചാണ് ഇവിടെ പറയുന്നത് അത് ചിതാത്മാവ് തന്നെ അദ്വൈതമനുസരിച്ച് പക്ഷെ താർക്കേനത് അംഗീകരിക്കില്ല അത് അവരെ കൊണ്ട് സമ്മതിപ്പിക്കും ഇനി ജ്ഞാനം ചിതാത്മാവ് തന്നെ അപ്പം ഇവിടെ താർക്കികന് സമ്മതമാണെന്ത് അപരോക്ഷ വ്യവഹാരയോഗ്യമാണ് ഞാന് എന്നുള്ള കാര്യം ആണോ ജ്ഞാനത്തെ സംബന്ധിച്ചും പറയാം ജ്ഞാനം അപരോക്ഷമാണ് ഞാൻ പ്രത്യക്ഷമല്ലേ ജ്ഞാനം പ്രത്യക്ഷമാണെന്നുള്ള കാര്യം താർക്കികൻ അംഗീകരിക്കുന്നുണ്ട് കാരണം താർക്കികം പറയുന്നു ഞാനുണ്ടായ അനുവ്യവസായം ഞാനുണ്ടാവും അനുവ്യവസായ ജ്ഞാനത്തിന് വിഷയം ജ്ഞാനമാണ് അനു വ്യവസായം സ്വയം വിഷയമാകുന്നു ചുരുക്കത്തിൽ ഞാൻ അവരെ സംബന്ധിച്ചും പ്രത്യക്ഷമാണ് അപ്പോ അവർക്കൂടി സമ്മതമായ അവരോക്ഷ വ്യവഹാരയോഗ്യത്വം പക്ഷെ പറയുന്നു അപ്പം അവർക്ക് എതിർക്കാൻ പറ്റില്ലല്ലോ ജ്ഞാനം ആത്മാവാണോ അല്ലയോ എന്നുള്ള കാര്യം ഇനി അവരോട് സംസാരിച്ചാൽ മതി ഇതുവരെ പറഞ്ഞ അനുസരിച്ച് ഞാൻ അപരോഷമാണ് അല്ലെങ്കിൽ അപരോക്ഷ വ്യവഹാര യോഗ്യമാണെന്നുള്ള അവരെ സംബന്ധിച്ചേ മതിയാവും ഇനി അവർക്ക് എന്താ അഭിപ്രായം പറയാനുള്ളത് അപ്പം അവേദ്യവുമാണ് അവരോക്ഷ വ്യവഹാരം അപരോക്ഷ ശബ്ദപ്രയോഗ പ്രശ്നം തീർന്നു പിന്നെ തർക്കീകനെന്തെങ്കിലും എതിർപ്പ് പറയാനുണ്ടോ വേറെ ആരെങ്കിലും ഇവിടെ കടന്നു വരുന്നുണ്ടോ എന്തെങ്കിലും പറയാൻ പ്രഭാകരന്റെയും മറ്റും മതങ്ങളെയൊക്കെ നേരത്തെ തന്നെ നിഷേധിച്ചുണ്ടെങ്കിൽ അവർക്കൊന്നും കടന്നു വരാൻ പറ്റത്തില്ല ബൗദ്ധന്മാരൊന്നും ഇവിടെ പരിഗണിക്കുന്നില്ല അല്ലെ ഭക്ഷണികജ്ഞാനത്തിനും പരിഗണിക്കുന്നില്ല സംസാരിക്കാനേ കൊള്ളത്തില്ല ബൗദ്ധന്മാർ നാസ്തികന്മാർ മാന്യന്മാർക്ക് സംസാരിക്കുന്നതിന് ഒരു സ്റ്റാൻഡേർഡൊക്കെയാണ് അവരിടത്തൊന്നും പോയി സംസാരിക്കത്തില്ല വേണ്ടി വന്നാൽ സംസാരിക്കും അതിന്റെ അവസാനം ഖ്യാതിവാദത്തിന് സംസാരിക്കും ഇവിടെ നിന്ന് അവർക്ക് ഒരു സ്ഥാനം ശൗദന്മാരെ സംബന്ധിച്ചിടത്തോളം ഞാനും ഈ വ്യവഹാരമാണ് ക്ഷണികം അവർക്കും തന്നെയാണല്ലോ ക്ഷണികൾ അവരെ സംബന്ധിച്ച് ഇവിടെ ഒന്നും വരാൻ പറ്റില്ലല്ലോ അവര് ജ്ഞാനത്തെ എങ്ങനെ സ്വീകരിച്ചു ക്ഷണികമല്ല പിന്നെന്ത്സാരിക്കാനും ശബ്ദ വ്യവഹാരോഗ്യത്വം വ്യവഹാരോഗ്യാണ് പക്ഷെ ക്ഷണികമല്ലേ പിന്നെ അവര് സ്വവിഷയത്വരൂപ സ്വപ്രകാശത്വമൊക്കെ സ്വീകരിക്കും ഞാനും സ്വവിഷയമാണ് അതൊന്നും ഇവിടെ സ്വീകരിക്കാൻ പറ്റി അവേദ്യമാണ് സ്വവിഷയമല്ല പിന്നെ ഇവിടെ ഇനി വേണമെങ്കിൽ ജ്ഞാനം തന്നെ ജ്ഞാനത്തിന് വിഷയമാണ് ഇനി വേണമെങ്കിൽ ഒന്ന് പറയാം അവേദ്യ അപരോക്ഷ വ്യവഹാർ ഇത്രയും പറഞ്ഞാൽ എന്താ കുഴപ്പം അവേദ്യത്വ സ്ഥിതി അപരോക്ഷ വ്യവഹാരം ഏർ അവേദ്യത്വം വന്നുകൊണ്ട് തന്നെ ശബ്ദത്തെടുക്കാമെന്ന് പറഞ്ഞി അവേദ്യത്വ ശബ്ദം വന്നത് കൊണ്ടാണ് ശബ്ദപ്രയോഗത്തെ ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കൊഴപ്പം വ്യവഹാരത്തിന് വിഷയമാവും ജ്ഞാനം ഒരു വ്യവഹാരമല്ല സിതാത്മാവ ഒരു വ്യവഹാരമല്ല എന്നാ പിന്നെ അപരോക്ഷാരോഗ്യത്വം എന്നങ്ങനെ പറയും അവിടെയെല്ലാം യോഗ്യത്വം എന്ന് പറഞ്ഞാലും ആ ദോഷം വരത്തില്ലേ വ്യവഹാരം അവിടെ വന്നില്ലേ അത് വ്യവഹാരത്തിൽ വിഷയമാവുക എന്നല്ലേ വിഷയം എന്ന് പറഞ്ഞില്ല യോഗ്യത്വം എന്നേ പറഞ്ഞോളൂ അല്ല വ്യവഹാരം ആവൂലി പിന്നെ എങ്ങനെയാ വിഷയമാകുന്നു യോഗ്യത്വം ഞങ്ങളഞ്ഞ അപരോക്ഷ വ്യവഹാരം അവേദ്യത്വേ ദോഷം നിങ്ങൾക്ക് പറയാൻ പറ്റും എന്താണ് വ്യവഹാരത്തിന്റെ അർത്ഥം ഇപ്പൊ പറഞ്ഞല്ലോ ശബ്ദപ്രയോഗം സൃഷ്ടി ലവ്യാപ്തി അവരോക്ഷപഹാര സുർത്തി കണക്കോ സൃഷ്ടി ലവ്യാപ്തി ഉം ശബ്ദപ്രയോഗം അപരോഷാരം നടക്കും നടക്കു അതുകൊണ്ട് അപരോക്ഷ യോഗ്യത യോഗ്യത എന്തെന്ന് ചോദിച്ചാ അത് പറയും എന്താണ് ശബ്ദപ്രയോഗം യോഗ്യതയെങ്ങനെ പറയും യോഗ്യതയെ നേരത്തെ പറഞ്ഞു എന്തു പറഞ്ഞു എല്ലാം പോയി പട പഴയതെല്ലാം പോയി ഗുണാശ്രയോ ദ്രവ്യോലെങ്ങനെ പറയും അങ്ങനെ യോഗ്യത്വത്തെ എന്ന് പറഞ്ഞു യോഗ്യത്വ യോഗ്യത്വിക അത്യന്താഭാവ അനധികാരം അത് വിടരുത് അത് വേണം നല്ല മുക്തിയില് അതിവ്യാപ്തി പരിഹരിക്കാൻ പറ്റും ലക്ഷണമായി ഈ സംഗതി ഓക്കെ നമ്മൾ പറയുന്നത് സത്യം അപ്രോക്ഷജ്ഞാന വിഷയത്വേനതീരപരോക്ഷത്തെ അംഗീകാരം അത്ര തഥാത്വാഘാതരി വിഭ്രമോ മാ ഭൂതി തദ്വ്യവഹാരേണവ തദ്വ്യവഹാരേണന്ന് വെച്ചാൽ അപരോക്ഷ വ്യവഹാരം ദോഷ <todhi>。 അവിടെ വീണ്ടും പൂർവ്വക്ഷ കഥം ഈ അവേദ്യസ്യ വ്യവഹാര യോഗ്യത്വം നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവേദ്യമായിരിക്കുന്ന ഒന്ന് അപരോക്ഷ വ്യവഹാര യോഗ്യമാകുന്ന ആദ്യം അവിടം കടന്നു പോകണ്ടേ പിന്നെ അപരോക്ഷ വ്യവഹാരമെന്ന് ശബ്ദപ്രയോഗം തന്നെ എടുത്തോട്ടെ അവേദ്യമായിരിക്കുന്ന ഒന്ന് നിങ്ങളതിന് വ്യാഖ്യാനിച്ച് വൃത്തി വ്യാപ്തി അതായത് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാലും അവേദ്യമായിരിക്കുന്ന വേദ്യമേ അല്ല അവേദ്യം എന്ന് പറഞ്ഞാൽ പ്രമേയം ഞാൻ അഭിഷേകം അങ്ങനെ ഒന്നിനെ നിങ്ങൾ എങ്ങനെയാണ് വ്യവഹാര എന്ന് പറയുന്നത് അവേദ്യം എന്ന് പറഞ്ഞാൽ അത് ഒരു തരത്തിലുള്ള വ്യവഹാരം അവിടെ സംഭവിക്കത്തില്ല സാമാന്യമായ ഒരു ബുദ്ധിയിൽ ചിന്തിച്ചറിയാം അവേദ്യമായ ഒന്നിനെ സംബന്ധിച്ച് വ്യവഹാരം അറിയാത്ത ഒന്നിനെ എങ്ങനെയാണ് വ്യവഹരിക്കുന്നത് എന്ത് വ്യവഹരിക്കും എന്ത് ശബ്ദപ്രയോഗം നടത്തും ഇനി അറിയാത്ത ഒന്നിനെ അറിഞ്ഞെന്ന് പറയാൻ പറ്റും സാമാന്യമായ രീതി ചോദിക്കണം അവേദ്യത്തെ അവേദ്യ വ്യവഹാര യോഗ്യത്വം കഥം തറഹി ചോദിക്കുന്ന കിം ഇതം അവേദ്യത്തെ വ്യവഹാര വിഷയത്വം എന്ന സാദറ്റി അനിഷ്ടപ്രസഞ്ജനം ഉദവ്യവഹാരനുമാനം നാദ്യാധേ മനസ്സിലായല്ലേ വളരെ സിമ്പിൾ കഥം തരി അവേദ്യ വ്യവഹാരയോഗ്യത്വം ചേച്ചി കിം ഇതം അവത്വേ വ്യവഹാര വിഷയത്വം നനിഷ്ടപ്രസഞ്ജനം ആണ് അനിഷ്ടപ്രസഞ്ജനം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ആഹാര്യജ്ഞാനം ബാധ നിശ്ചയകാലീന ഇച്ഛാജന്യം ജ്ഞാനം തർക്കസംഗ്രഹത്തിൽ പറഞ്ഞതും കേട്ടതും പഠിച്ചതുമാണ് മറന്നുപോയെങ്കിൽ ഒരിക്കൽ കൂടെ പറഞ്ഞു എതി വന്യർ നസ്യ ധൂമോവി നസ്യാ ഇതിനാണ് പറയുന്നത് ആഹാര്യജ്ഞാനം എന്ന് പറയുന്നത് അതായത് ഒരാൾക്ക് ഉറപ്പുണ്ട് ധൂമവാൻ വന്നിമാൻ ഉറപ്പുണ്ടായ അറിയായാൽ വ്യാപ്തിജ്ഞാനുണ്ട് ഇവിടെ ധൂമുണ്ട് അവിടെ മഞ്ഞിയുണ്ട് പക്ഷെ അങ്ങനെ ഉറപ്പുണ്ടെങ്കിലും മറ്റേ ആളിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് പറയുന്നത് അനിഷ്ടപ്രസഞ്ജനം ആഹാരിച്ചാൽ ബാധ നിശ്ചയകാലീന ബാധ നിശ്ചയം എന്ന് പറയുന്നത് എന്താണ് അവിടെ വിശദമായി പറഞ്ഞാണ് എന്താണ് ബാധ നിശ്ചയം എന്ന് പറയുന്നത് ധൂമവാൻ വന്യമാൻ എന്നുള്ള ജ്ഞാനം അതാണ് ബാധ നിശ്ചയം എന്ന് പറഞ്ഞാൽ വന്യഭാവവും ഇല്ല ധൂമാഭാവുമില്ല എന്ന് പറഞ്ഞാൽ എന്താണ് വന്യമുണ്ട് ധൂമുണ്ട് ഇവിടെ വന്യഭാവത്തിൻ്റെയും ധൂമാഭാവത്തിൻ്റെയും ബാധനിശ്ചയമാണ് അതാണ് വന്യമാൻ ധൂമമാൻ എന്ന് പറയുന്നത് അങ്ങനെ ബാധ നിശ്ചയമുള്ളപ്പോ ഇച്ഛാജന്യമായൊരു ജ്ഞാനം അയാൾ കൽപ്പിച്ചങ്ങ് പറയണതാണ് വന്യ ഇല്ലെങ്കിൽ അതാണ് വ്യാപ്യാരോപീ വ്യാപകാരോപ തർക്ക എന്ന് പറയുന്നത് അവിടെ ചർച്ച ചെയ്ത കാര്യം അതുപോലെ ഇവിടെ ചോദിക്കുകയാണ് കദം തർ അവേദ്യസി വ്യവഹാര യോഗ്യത്വം എന്നാണ് അപ്പം ചോദിക്കണം നിങ്ങൾ എന്താ പറയുന്നത് അവേദ്യമാണെങ്കിൽ വ്യവഹാരയോഗ്യത്വം ഇല്ല എന്നാണോ എന്നുവെച്ചാൽ വ്യവഹാര വിഷയത്വം ഇല്ലാന്നാണോ കാരണം അവേദ്യമായിരുന്നാലും ഒരു തരത്തിലുള്ള വിഷയത്വവും വരത്തില്ലല്ലോ ഇപ്പം വ്യവഹാര വിഷയത്വവും വരത്തില്ല വ്യവഹാരയോഗ്യത്വം ഇല്ലെന്ന് പറഞ്ഞാൽ വ്യവഹാര വിഷയത്വം ഇല്ലെന്നാണല്ലോ ഇതാണോ നിങ്ങൾ പറയുന്നത് ഇങ്ങനെ ഒരു തർക്കമാണോ നിങ്ങൾ ഉന്നയിക്കുന്നത് എന്നാണ് അനിഷ്ടപ്രസഞ്ജനം എന്ന് പറഞ്ഞത് അവേദ്യമാണെങ്കിൽ വ്യവഹാര വിഷയത്വം ഇല്ല ഈ തർക്കമാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നാ ചോദിക്കുന്നു ഇങ്ങനെ ഒരു തർക്കം നിങ്ങൾക്ക് ഉന്നയിക്കാനേ പറ്റത്തില്ല എന്തുകൊണ്ട് അവേദ്യം എന്ന് പറയുന്ന അവേദ്യ അവേദ്യത്വം താർക്കിയന്മാർ സ്വീകരിക്കുന്നു എന്തുകൊണ്ട് പ്രമേയത്വം എന്ന് പറയുന്നത് കേവലാന് പ്രമേയത്വത്തിന്റെ അത്യന്താഭാവം ഒരിടത്തും ഇല്ല ഇല്ല അല്ലാതെ എങ്ങനെയാണ് അവർ അവേദ്യത്വത്തെ സ്വീകരിക്കുന്നത് അവേദ്യം എന്ന് പറയുന്നത് വേദ്യമല്ലെന്നാണ് പ്രമേയത്വഭാവം സ്വീകരിക്കുന്നു കാരണം മേയത്വം കേവലാൻ ധർമ്മമാണ് അത്യന്താഭാവപ്രതിയോഗിയാണ് ഇനി വ്യവഹാര വിഷയത്വം എന്ന് പറഞ്ഞാൽ ശബ്ദപ്രയോഗ വിഷയത്വം എന്ന് വെച്ച അവിധേയത്വം സർവശ്യാവി പ്രമേയത്വർക്കും അഭിഥേയത്വത്തിന്റെ അത്യന്താഭാവം അവര് സ്വീകരിക്കുന്നുണ്ട് സപ്ത പദാർത്ഥ എന്ന് പറഞ്ഞപ്പോ എന്തായി സർവപദാർത്ഥങ്ങളും അഭിഥേയങ്ങളായി അപ്പൊ അവിധേയത്വത്തിന്റെയും പ്രമേയത്വത്തിന്റെയും അത്യന്താഭാവത്തെ അവര് സ്വീകരിക്കും സ്വീകരിക്കുന്നില്ല രണ്ടും കേവലാണ് അതായത് പർവ്വതത്തിൽ നോക്കിയിട്ട് ഒരാൾക്ക് പറയാം എന്താണ് വന്യസ്യം കാരണം ഹൃദലായ കണ്ടതാണ് ഇവിടെ വന്യ ഇല്ല ധൂമോ ഇല്ല കണ്ടതുകൊണ്ട് പറയാം ഇവിടെ പറയാണ് എന്താണ് അവേദ്യത്വമാണെങ്കിൽ അപരോക്ഷ വ്യവഹാര വിഷയത്വം സംഭവിക്കത്തില്ല എന്നിവിടെ പറയാൻ പറ്റില്ല കാരണം അവേദ്യത്വം എന്ന് പറയുന്ന ഒന്നും അവർ അംഗീകരിക്കുന്നില്ല അവിധേയത്വം അഭാവവും അവർ അംഗീകരിക്കുന്നില്ല അപരോക്ഷ വ്യവഹാര വിഷയത്വ അഭാവം എന്ന് പറഞ്ഞാൽ എന്തായത്വ അവിധേയത്വഭാവം അപരോക്ഷ വ്യവഹാര വിഷയത്വം എന്ന് പറഞ്ഞാൽ അവിധേയത്വം അതിന്റെ അഭാവമാണ് രണ്ട് പദാർത്ഥങ്ങളെ സ്വീകരിക്കാത്ത പദാർത്ഥം വെച്ചങ്ങനെ തർക്കം പറയാൻ പറ്റും വന്യഭാവവും ധൂമാഭാവവും പോലെ സിദ്ധമായതാണെങ്കിൽ അതൊരു തർക്കം ഉന്നയിക്കാം ഇവിടെ അത്യന്താഭാവ അപ്രതിയോഗിയായ രണ്ട് പദാർത്ഥങ്ങളെ വെച്ചുകൊണ്ടിരിക്കണം തർക്കം പറയാൻ പറ്റും പറയാൻ പറ്റില്ല അനിഷ്ടപ്രസഞ്ജനം തർക്കം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതാണ് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആകാൻ പാടില്ല അങ്ങനെ പനി ഇല്ലെങ്കിൽ ഇതൊന്നും ഇല്ല പാടില്ല അവേദ്യമാണെങ്കിൽ പാടില്ല അവേദ്യമാണെങ്കിൽ അവിധേയത്വം പാടില്ല അങ്ങനെ അവേദ്യമാണെങ്കിൽ അവിധേയത്വം പാടില്ല അങ്ങനെ അവേദ്യമാണെങ്കിലെന്നും പറയാൻ പറ്റില്ല എന്തുകൊണ്ട് അവേദ്യത്തെ സ്വീകരിക്കുന്നില്ല അവിധേയത്വം പാടില്ല എന്നും പറയാൻ പറ്റില്ല എന്തുകൊണ്ട് അവിധേയത്വത്തിന്റെ അഭാവത്തെ സ്വീകരിക്കുന്നില്ല അപ്പൊ തർക്കം നടക്കത്തില്ല മനസ്സിലായ കഥം തറി അവേദ്യസ്യ വ്യവഹാര യോഗ്യത്വമിരിചെയ് <ME Bible and> I there. I it, ും ഇതം അവഷയത്വ അനിഷ്ടപ്രസഞ്ജനം അതാണ് അതിന് സമാനം നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു ഇനി പറയും രണ്ടാമത്തെ യുദ്ധം ചോദ്യം ചോദിക്കുന്നത് അത് അംഗീകരിക്കുന്നില്ല അല്ല അത് ഇനി പറയും ഞാനിപ്പോൾ നേരത്തെ പറയാം വിശദീകരിച്ചു ചോദ്യത്തെ വിശദീകരിച്ചു ചോദ്യം ശരിയല്ല സിദ്ധാന്തം ചോദിക്കുകയാണ് ഇങ്ങനെ നിങ്ങളൊരു തർക്കമാണോ ഉന്നയിക്കുന്നത് തർക്കം ശരിയല്ല എന്നുകൂടെ സിദ്ധാന്തി പറയാൻ പോകുന്നു മറുപടി പറഞ്ഞു ഉത വ്യവഹാര വിഷയത്വ വേദ്യത്വ അനുമാനം അതോ ഇതിൻ്റെ നിങ്ങൾ പറയുന്നതിൻ്റെ താല്പര്യം എന്താണോ അനുഭൂതി വേദ്യ വ്യവഹാര വിഷയത്വ നിങ്ങളൊരു അനുമാനമാണ് അങ്ങനെ നടത്തുന്നത് മനസ്സിലായോ ഞാനോ അല്ലെ ഇവിടുത്തെ ഞാനത്തെക്കുറിച്ചല്ലേ ചർച്ച ചെയ്യുന്നത് അത് വ്യവഹാര വിഷയമായത് കൊണ്ട് വേദ്യമാണെന്നാണോ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അവേദ്യമായി കഴിഞ്ഞാൽ അപരോഷോഹാര വിഷയത്തും വരത്തില്ലെന്നല്ലേ പറയുന്നത് അപ്പം നിങ്ങളെന്താ ഉദ്ദേശിക്കുന്നത് അത് വ്യവഹാര വിഷയമാണെന്തായാലും നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടല്ലോ അപ്പോൾ അത് വേദ്യമല്ല ഇതാണോ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ പറയാൻ പറ്റില്ല പൂർവക്ഷിയോട് ചോദിക്കുകയാണ് അപരോക്ഷകാര വിഷയത്വം സ്വീകരിച്ചോ സിദ്ധാന്തി സ്വീകരിച്ചോ അപ്പൊ അതിനെ ഹേതുവാക്കിക്കൊണ്ട് സിദ്ധാന്തി അംഗീകരിക്കാത്ത വേദ്യത്വം അതാണ് നിങ്ങൾ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് ജ്ഞാനം വേദ്യം അപരോക്ഷകാര വിഷയത്വ പൂർവക്ഷയോട് ചോദിക്കുന്നത് ഇങ്ങനെ ഒരു അനുമാനമാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് മനസ്സിലായോ പൂർവക്ഷി എന്താ പറയുന്നത് രണ്ടും കൂടെ ഒരുമിച്ചിരിക്കേദ്യത്വം അപരോക്ഷോഹാരവും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ഇത് അപരോക്ഷോഹാര വിഷയത്വം എന്ന് പറഞ്ഞുകൊണ്ട് ഇത് വേദ്യമാണെന്നാണോ ഞങ്ങൾ പറയുന്നത് ജ്ഞാനം വേദ്യം അപരോഷോഹാര വിഷയത്വ അതിങ്ങനെ ഒരു ഇതാണോ പറയുന്നത് സ്വാമി ഇത് പൂർവ്വപക്ഷിയുടെ ഏതെങ്കിലും ചോദ്യത്തിന് ഉത്തരമായിട്ട് ചോദിക്കുന്നതാണോ ഏഹ് പൂർവ്വപക്ഷിയുടെ ഏതെങ്കിലും പൂർവ്വപക്ഷത്തിന് സമാധാനമായിട്ട് ചോദിക്കുന്നതാണോ അല്ലല്ലോ പൂർവ്വപക്ഷി പറഞ്ഞു ദോഷം എന്താണ് അവേദ്യത്വവും അപരോക്ഷുന്നില്ല രണ്ടും പരസ്പര വിരുദ്ധമായ കാര്യമാണ് അപരോക്ഷഹാര യോഗ്യത്വം എന്ന് കഴിഞ്ഞാൽ അത് അവർ പറയുന്നതിന് താല്പര്യം സിദ്ധാന്തിക്ക് എന്താ അത് വേദ്യമാവണം എന്നാലേ സ്വയം പ്രവാസ പോകത്തുള്ളൂ പൂർവക്ഷി നിങ്ങൾ പറയുന്ന കാര്യം പരസ്പര വിരുദ്ധമാണോ അപൂർപക്ഷ വ്യവഹാര കഴിഞ്ഞാൽ അതൊരിക്കലും അവേദ്യമാകത്തില്ല വേദ്യമാകും പറയുന്നു നിങ്ങളുടെ ചോദ്യത്തെ തന്നെ ഒന്ന് വിശദീകരിക്കുക ആ ചോദ്യം ഇതാണ് സ്വയം അവേദ്യസ്യ എന്നുള്ളതാണ് അവേദ്യസ്യ വ്യവഹാര യോഗ്യത്വം എന്ന് പറഞ്ഞാണോ ചോദ്യം പൂർവപക്ഷിയുടെ അവോഗ്യത്വം കഥ ചോദിക്കുകയാണ് ചോദ്യത്തിന്റെ താപര്യമാണ് ആ ചോദ്യത്തെ നിങ്ങൾ ആ ചോദ്യത്തെ എന്താ അറിയുന്നത് ഞങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളൊരു തർക്കം ഉന്നയിക്കണോ തർക്കം നിങ്ങൾക്ക് ഉന്നയിക്കാൻ പറ്റത്തില്ല ഇത് രണ്ടും നിങ്ങൾ അംഗീകരിക്കുന്ന കാര്യമില്ല പിന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന എന്താണ് ഇത് വേദ്യമാണ് എന്തുകൊണ്ട് അവരുടെ ക്ഷോഹാര വിഷയത്വമായതുകൊണ്ട് ഇങ്ങനെ ഒരു അനുമാനം നടത്താം ഇതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇതും ശരിയല്ല കാരണം സിദ്ധാന്തി ജ്ഞാനത്തിൽ അവേദ്യത്തെ സിദ്ധിക്കാൻ ശ്രമിക്കുകയാണ് ആ സ്ഥാനത്ത് യാവരോഷോഹാര യോഗ്യത്വം എന്ന് പറഞ്ഞത് കൊണ്ട് അത് ഉപയോഗിച്ച് വേദ്യത്തെ ശ്രദ്ധിക്കാൻ ശ്രമിക്കുന്നു ഇതാണോ എന്ന് ചോദിക്കുന്നത് അതാണ് ഉദ വ്യവഹാര വിഷയത്വേദ്യത്വ അനുമാനം ആദ്യത്തെ എന്ന് പറയുന്നു ആദ്യ ആപാദ്യ ആപാദകയോരുഭയോരവി പരേഷം അശുദ്ധേഹേ അവേദ്യത്വം എന്ന് പറയുന്ന ആപാദകം അതാണ് ആപാദകം അവേദ്യ അതുകൊണ്ട് നിങ്ങൾ പറയുന്ന അവിധേയത്വഭാവം അത് ആപാദ്യം ഇതാണ് അഭേദ്യത്വം എന്ന് പറയുന്ന ആപാതകവും അവിധേയത്വ തർക്കത്തിന് അങ്ങനെയാണ് യതി വന്യർ നസ്യാത് ധൂമോ വിന്യസ്യാതെന്ന് പറയുമ്പം വന്യഭാവം ആപാതകവും ആപാദ്യവുമാണ് ആദ്യം പറയുന്ന ആപാതകം രണ്ടാന്ന് പറയുന്നത് അതുപോലെ ഇവിടെ അവേദ്യത്വം എന്ന് പറയുന്ന അല്ലെങ്കിൽ അപ്രമേയത്വം എന്ന് പറയുന്നത് ആപാതകവും അനവിധേയത്വം എന്ന് പറയുന്നത് ആപാദ്യവും ഇത് രണ്ടും നിങ്ങളുടെ പക്ഷത്തിൽ സിദ്ധമല്ല അത് രണ്ടും സിദ്ധമല്ല പറയും നേരത്തെ പറഞ്ഞ കാര്യം ഇത് രണ്ടും നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റത്തിലാതുകൊണ്ട് തർക്കസാധ്യമല്ല ആണ് പറയുന്നത് തർക്കികന്മാർക്ക് അപ്രസിദ്ധി അവർക്ക് അപ്രമേയത്വവും ഭാവവും അവരുടെ പക്ഷത്തിൽ സിദ്ധിക്കത്തില്ല ഇനി രണ്ടാമത്തെ അനുമാനം എന്താണ് അനുമാനം ജ്ഞാനം വേദ്യം അപരോക്ഷം വ്യവഹാര വിഷയത്വ ഈ അനുമാനം ഇവിടെ നിങ്ങൾ ഉന്നയിക്കാൻ പാടില്ല എന്തുകൊണ്ട് കാരണം ഇവിടെ ഇപ്പൊ ലക്ഷണത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് പ്രമാണത്തെ കുറിച്ചല്ല അതിന്റെ ചർച്ച വരും അവിടെ നമുക്ക് ഈ അനുമാനത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ട് ഇത് ശരിയല്ല എന്ന് അവിടെ ബോധ്യപ്പെടുത്തി തരും തൽക്കാലം അടങ്ങ് ഇപ്പം അതിന്റെ സന്ദർഭമില്ല എന്താണ് അനവസരത്തിൽ എവിടെ എന്ത് സംസാരിക്കണമെന്ന് പോലും പൂർവ്വക്ഷിക്ക് അറിയത്തില്ല താർക്കികൻ്റെ ആവേശം കൊണ്ട് എങ്ങനെയാ അദ്വൈതിയെ പരാജയപ്പെടുത്തുന്നുള്ള ആവേശം കൊണ്ട് കയറിങ്ങ് പറഞ്ഞുപോയതാണ് അനുമാനം ഇവിടെ എവിടെയെങ്കിലും ഇപ്പം അനുമാനം സമയമായോ അതിന് സമയം തരും അവിടെ അവിടെ നമുക്ക് ഒരു കൈ നോക്കാം നിങ്ങളിപ്പോൾ പറഞ്ഞത് അനവസരമാണ് നിഗ്രഹസ്ഥാനമാണ് അനവസരത്തിൽ എന്തെങ്കിലും കയറി പറഞ്ഞാൽ അത് നിഗ്രഹസ്ഥാനമാണ് അതുകൊണ്ട് ഇതിവിടെ പറയാൻ പറ്റില്ല സന്ദർഭം വരുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം ആണ് പറയുന്നത് എന്താണ് ന ഇതര എന്ന് പറഞ്ഞാൽ തസ്യ സപ്രതിസാധന നിരാസമയെ നിരാകരുഷ്യമാണത്വാ സപ്രതിപക്ഷ അനുമാനം ആണിത് ശരിക്കും കാരണം അനുഭൂതി അവേദ്യമാണ് എന്ന് അദ്വേദി സമർത്ഥിക്കുന്നിടത്താണ് ഇവരിത് പറയുന്നത് അതിവേദ്യമാണെന്ന് അപ്പം അതിനെ നിരാകരിക്കുന്നിടത്ത് ഈ പറയുന്നതിന് സമാധാനം അവിടെ പറഞ്ഞോളാം ഇതനവസരത്തിലാണ് നിങ്ങളുടെ ഈ ചോദ്യം അതുകൊണ്ട് ഇവിടെ അതിന് സമാനം പറയേണ്ടത് എന്നുവെച്ചാൽ ചോദ്യകർത്താവ് വലിച്ചു നടത്തുന്ന വഴിയെ നടക്കാൻ പാടില്ല അതാണ് ചോദ്യകർത്താവ് വഴിതെത്തിച്ചുകളി അപ്പോ സിദ്ധാന്തം സ്വന്തം പക്ഷം പറയുമ്പോ താൻ എന്നടത്ത് എന്ന് തന്നെ പറയണം ഒരു പക്ഷിയൊന്നുമല്ല കല്ലിലും മുള്ളിലും കാട്ടിലൊക്കെ പലിച്ചെടുത്തോണ്ട് പോയി അവിടെ ചെന്ന് ഒരുപാട് ഉടവും ചതവുമൊക്കെ സംഗതി വിഷയം മാറിക്കോ നമ്മളെങ്ങനെയാണ് എന്തെങ്കിലും വാദപ്രതിവാദം നടത്തി കഴിഞ്ഞാൽ നമ്മളെ വിഷയം ഏ മോഡിയിൽ തുടങ്ങി മോഹൻലാൽ അവസാനിക്കും അവിടെ നിൽക്കത്തില്ല എന്തിനെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ളത് നമ്മൾ മറന്നു പോവും അതുപോലെ ഒന്ന് വഴിതെറ്റിക്കാൻ നോക്കിയാണ് പറയുന്നത് അല്ലേ ഇപ്പം നമ്മൾ എന്തിനെ കുറിച്ചാണ് പറയുന്നത് സ്വയംപ്രകാശ ലക്ഷണത്തെക്കുറിച്ച് ഇവിടെ സപ്രതിപക്ഷ അനുമാനത്തെക്കുറിച്ചല്ല അതവിടെ വരുന്നു അവിടെ നോക്കാം അതിന് അത് ചർച്ച ചെയ്യും തസ്യ സപ്രതി സാധനം എന്ന് അനുമാനം നിരാസമയേ നിരാകരിഷ്യമാണ്പ്രകാശലക്ഷണം അതുകൊണ്ട് സ്വപ്രകാശലക്ഷണത്തിൽ നിങ്ങൾക്ക് യാതൊരു ദോഷവും കാണിക്കാൻ പറ്റിയിട്ടില്ല നിങ്ങളെ സിദ്ധാന്തമനുസരിച്ച് കാണിക്കണം നിങ്ങളുടെ യുക്തികളനുസരിച്ച് കാണിക്കണം അനാവലം എന്ന് പറഞ്ഞ കുറ്റമറ്റതാണ് ദോഷരഹിതമാണ് ഞങ്ങൾ പറഞ്ഞ അവ അപരോക്ഷ വ്യവഹാരം യോഗ്യത്വ അത്യന്താഭാവ അനധികരണത്വം എന്ന് പറഞ്ഞത് ഇനിയും അവിടെ ഒരു ഫുഡ് സ്റ്റോപ്പ് ഡർച്ച അവസാനിപ്പിച്ചു സുപ്രകാശ ലക്ഷം ഇന്ന കാർക്കിനും എന്തെങ്കിലും പൂർവക്ഷം ഉന്നയക്കാമെങ്കിൽ പറയാം അത് വലിയത് സമ്മർദ്ദിച്ച് സഹിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടോ ഇവിടെ ആരെങ്കിലും ഉണ്ടോ ഇനി മടയിൽ കിടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും വിളിച്ചോണ്ടുവരാ അർദ്ധവേദി പറഞ്ഞത് സഹിക്കുന്നില്ല ആരും വന്നാലും ശരി അർദ്ധവേദി ഇവിടെ റെഡിയാണ് തരം പറയാം ഉണ്ടോ ആരെങ്കിലും ഉണ്ടോ ഇനി പുറത്തുനിന്ന് വല്ല പണ്ഡിതന്മാരെയും ഇറക്കുമതി ചെയ്യണ്ടോ ഉണ്ടെങ്കിൽ അദ്വൈതി സമാനം ഞാനല്ല അദ്വൈതി സമാനം പറയും എവിടെ പറയും ഞാൻ തമാശ പറഞ്ഞല്ല ബാക്കി ചർച്ച പറയുന്നത് അദ്വൈതസിൽ ഇതിന്റെ ബാക്കി അതാ പറഞ്ഞത് അവിടെയാണ് ഇതിന്റെ ബാക്കി ചർച്ച ഞാൻ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം അവിടെ ചർച്ച ചെയ്യുമ്പോൾ അത് വരികയും ഇതെഴുതി കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ദേശിക ദേശികേന്ദ്രൻ എന്നറിയപ്പെടുന്ന ആള് ശതദൂഷണി എന്ന് പറഞ്ഞ് എഴുതി നിങ്ങളുടെ സ്വന്തം നാട്ടുകാരൻ എന്ന് പറഞ്ഞാൽ മതി സന്തോഷമാകുന്നു മഹാപണ്ഡിതൻ ദക്ഷിണേന്ത്യയിൽ തമിഴ്നാട്ടില് ജനിച്ചവര് കാലഘട്ടത്തിൽ അദ്വിതീയ പണ്ഡിതനായിരുന്നു അദ്ദേഹം ശതദൂഷൻ എഴുതി അതിനെ തുടർന്ന് തുടർന്ന് വന്നു അതിൻ്റെ ചർച്ചകൾ വന്നു മനസ്സനുസരിസ്ഥിതി വന്നു പിന്നെ അതിനെ കുറിച്ചുള്ള ചർച്ച അനന്തകൃഷ്ണശാസ്ത്രി ബംഗാൾ ദേശത്ത് ജീവിച്ചിരുന്ന ആള് അദ്ദേഹം പിന്നെ അതിനെ ഖണ്ഡിച്ചുകൊണ്ട് അദ്ദേഹം അതിനെ കണ്ണിച്ചുകൊണ്ട് എഴുതി പിന്നെ മലയാള നാട്ടുകാരൻ ആയ കാശികാനന്ദജി അതിനെ പൂർത്തിയാക്കി അദ്ദേഹത്തിൻ്റെതായും അഭിപ്രായങ്ങളൊക്കെ എഴുതി അതുവരെ ഈ ചർച്ചയുടെ ഒരു തുടർച്ച അതിനുശേഷം ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല അറിയപ്പെട്ടതെന്നും എഴുതിയിട്ടുണ്ടോന്നറിയില്ല അനന്തകൃഷ്ണശാസ്ത്രി വലിയ പ്രഗത്ഭനായി വ്യാസരാജൻ ബാദാവതി വ്യാസതീർത്ഥൻ ഇങ്ങനെയൊക്കെ വിശിഷ്ടാദ്വിതികളിലെ വലിയ വിദ്വാൻമാർ ഇതിനെ ഖണ്ഡിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അവരെല്ലാം കൂടെ അവസാനം ശരിയാക്കിയ ആളാണ് മത്സൂന സരസ്വതി അതാണ് അത് കഴിഞ്ഞ് അവർ വീണ്ടും അവരതിൽ ചർച്ചയല്ല ചർച്ചയാണ് എത്ര കാലം വേണോ നീണ്ടു പോകാം ഇനിയും പോവാം ഉണ്ടെങ്കിൽ നടന്നു പറഞ്ഞു എന്തെങ്കിലും പറയാൻ ഉണ്ടെങ്കിൽ ചർച്ച ചെയ്യാം അതാരും ജയിക്കാനും തോക്കാനും പോകുന്നില്ല കാരണം ഇതിങ്ങനെ അനന്തമായി പോവുകയാണ് ഒരാൾ പറയും മറ്റൊരാളതിന് മറുപടി പറയും അപ്പോൾ അതിന് വേറൊരാൾ മറുപടി പറയും ഇതിങ്ങനെ വയ്ക്കൊണ്ടിരിക്കും പക്ഷെ അതിൽ എടുത്തു പറയേണ്ട ആൾക്കാരാണ് വേദാന്ത ദേശികർ വ്യാസ തീർത്ഥൻ മസൂന സരസ്വതി അനന്തകൃഷ്ണശാസ്ത്ര അതിൻ്റെ ഇടയ്ക്ക് പേരുണ്ട് ഞാൻ ഓർക്കുന്നില്ല ഒരു വിഷ്ടാദ്വീതി ആന്ധ്ര സ്വദേശിയായ കൂടുതലും വിഷ്ടാദ്വൈതം ആന്ധ്ര ദക്ഷിണേന്ത്യക്കാരാണ് വിഷ്ടാദ്വീതികൾ ഇത് കൂടുതലും അവരാണ് ഇതിനോട് ചാടി വീണിട്ടുള്ളത് അദ്വൈതി സഹിക്കാൻ വയ്യാത്ത അവർക്കാണ് അങ്ങനെ വന്നിട്ടുണ്ട് പക്ഷെ ഈ വാദപ്രതിവാദങ്ങൾ കൊണ്ട് ഒരു ഗുണമുണ്ട് വെറും വാദപ്രതിവാദമൊന്നുള്ളതല്ല എൻ്റെ ഗുണമെന്ന് പറയുന്നത് ഓരോരുത്തരുടെ ഈ സിദ്ധാന്തം എന്താണെന്നുള്ളത് വ്യക്തമാവും ആര് ജയിച്ചു തോറ്റവും ഉള്ളതല്ല വിഷ്ടാദ്വൈതി എന്ന് പറയുന്നു അദ്വൈതി എന്ന് പറയുന്നു ഇത് വളരെ സൂക്ഷ്മമായി നമ്മളെ പിന്തുടർന്നാൽ നമുക്ക് ആശയം വ്യക്തമാവും പിന്നെ ശരിയോ തെറ്റോന്നൊക്കെ തീരുമാനിക്കുന്ന അവരവരുടെ ഇഷ്ടങ്ങളാണ് പക്ഷെ ഈ സാധാരണ ആൾക്കാർ ധരിക്കുന്ന പോലെ ഈ വാദപ്രതിവാദങ്ങളുണ്ട് എന്താ പ്രയോജനം അങ്ങനെയല്ല ഒരു ആശയം സ്പഷ്ടമാകും അത് അതിൻ്റെ പ്രയോജനം അദ്വൈതം എന്താണെന്നുള്ളത് വ്യക്തമാണ് അതിലെ ചില പ്രധാനമായ ആശയങ്ങൾ പിന്നെ ചില പുതിയ പ്രക്രിയകൾ അവരുണ്ടാക്കും അത് നമ്മൾ മനസ്സിലാക്കണം എന്നു വെച്ചാൽ ഭാഷ്യപ്രക്രിയയിൽ നിന്ന് വ്യത്യസ്തമായ ചില പ്രക്രിയകളും ഉണ്ടാകും അത് ഭാഷ്യം നിങ്ങൾ ശരിക്ക് മനനം ചെയ്തു കഴിഞ്ഞാൽ ആ വ്യത്യാസം മനസ്സിലാകും ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ പല വ്യത്യാസമുണ്ട് പക്ഷെ ഇവിടെ നിങ്ങളെല്ലാം ഇരിക്കുന്നു കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടിയാണ് ഞാൻ പിന്നെ അതുകൂടെ പറഞ്ഞൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞാണ് അത്തരം കാര്യങ്ങളിലെ ചർച്ച പോവാത്തു നമ്മളൊരു ഗ്രന്ഥം പോകുമ്പോൾ അതിൻ്റെ രീതിയിൽ തന്നെ പോകണം പിന്നെ അത് അങ്ങനെ ഇങ്ങനെ അവിടെ അത് ശരിയല്ല ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്നവർക്ക് ആശയക്കുഴപ്പം അല്ലെങ്കിൽ നിങ്ങളൂടി മനനം ചെയ്യണം എനിക്കപ്പല്ല ഗ്രന്ഥകാരനൊപ്പം മനനം ചെയ്ത് പോകണം അത് പ്രതീക്ഷിച്ചിട്ട് കാര്യം അതുകൊണ്ട് ഇതിൽ നിന്നും മനസ്സിലാക്കുക മനസ്സിലാക്കുക ഭാഷയത്തിൽ നിന്നും വ്യത്യാസങ്ങളുണ്ട് പലയിടത്തും പക്ഷെ എന്നാലും അവർ പറയുന്ന കാര്യം പരമാവധി വ്യക്തമാക്കി പറയും അപ്പൊ അദ്വൈതന്നെ മനസ്സിലാവും അപ്പോ അദ്വൈതസി അദ്വൈത സിദ്ധി എത്ത് ശരിയായ രീതിയിൽ മനനം ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങളെക്കുറിച്ച് അറിഞ്ഞുകഴിഞ്ഞാൽ ഒരാൾ അയാളൊരു പണ്ഡിതനാണെങ്കിൽ നിങ്ങളുടെ മുമ്പേ ഒന്നും അദ്വൈതം പറയാൻ ധൈര്യപ്പെടുത്തില്ല വിവരമില്ലാത്തവനാണെങ്കിൽ പറയും ആ വ്യത്യാസമുണ്ട് ഇതൊക്കെ അറിയാമെന്നുള്ള ആളാണെങ്കിൽ ഒന്ന് അറയ്ക്കും ഇവിടെ ഇത് കൊല്ലക്കടയിൽ സൂചി വയ്ക്കുന്നത് ശരിയല്ല ഒരു വിവരവും ഇല്ലാത്തവനാണെങ്കിൽ പ്രൈ അതാണ് എന്റെ വ്യത്യാസം പദ്വീതത്തെ സംബന്ധിച്ച് ആധികാരികമായ അറിവ് എന്നും ഉണ്ടാവും അറിവിനോട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് എങ്കിൽ നല്ലത് അല്ലെങ്കിൽ ഇതെല്ലാം അങ്ങ് വിട്ട് കളയുക എന്താണോ പഴയ പണികൾ അതിലേക്ക് തന്നെ പോവുക no